ദൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് ഒരു വാക്യം വായിക്കാം രണ്ട് കൊരിന്തിയാർ അതിൻ്റെ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒരു ചെറിയ വാക്യമാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് രണ്ട് കൊരിന്തിയാർ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അവൻ്റെ തന്ത്രങ്ങളെ എത്ര പേർക്കറിയാം പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കി നമുക്ക് ഈ സെഷനെ കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഇവിടെ വായിച്ചത് സാത്താൻ എന്താ ചെയ്യുക അവന് അവൻ നമ്മുടെ ഒരു എതിരാളിയാണ് നമ്മളൊരു കാര്യത്തിനായിട്ട് ഹൃദയം വച്ചിരിക്കുമ്പോൾ അതിനെതിരെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വിദഗ്ധനായ ഒരുവനാണ് അവൻ അവൻ്റെ ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അവന് നാണവു മാനവുമില്ല സാത്താനെ പോ എന്ന് പറഞ്ഞാൽ അവനപ്പോൾ അങ്ങോട്ട് ഒന്ന് പോയേച്ച് പിന്നെയും വരും നമ്മളാണെങ്കിൽ പറയും എത്ര വട്ടം ഓടിച്ചു ഒരു നാണമില്ലാതെ എന്ന് പറഞ്ഞതുപോലെ അവനൊരു നാണവു മാനവും ഒന്ന് രണ്ട് രാവും പകലും അധ്വാനിക്കാൻ ഒരു മടിയില്ലാത്തവന് നമുക്കങ്ങനെയാണോ നമുക്ക് കുറച്ചുനേരം ജോലി ചെയ്താൽ പിന്നെ വിശ്രമം വേണം അവന് വിശ്രമമില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മളീ വാജ്പന്നി എന്ന് പറയുന്ന ദൈവഭൃത്യനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു ആർട്ടിക്കിളുണ്ട് ഒരു അതിൻ്റെ പേര് മനസ്സെന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ് മനസ്സെന്ന് പറയുന്നത് ഒരു യുദ്ധക്കളം മനസ്സിലാ ഇവൻ പല കാര്യങ്ങളും കൊണ്ടുവരുന്നു പിശാജ് എന്താ ചെയ്യുക പിശാജ് നമ്മൾ രണ്ട് കോരിന്തരിൽ നിന്ന് തന്നെ ചില വാക്യങ്ങൾ നോക്കുമ്പോൾ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ പിശാജ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ള പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവം പിശാജ് അവിശ്വാസികളുടെ മനസ്സൊക്കെ ഉരുടാക്കി കണ്ടോ പിശാചി ചെയ്യുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു രണ്ട് കുരിന്തേർ നാലിൻ്റെ നാല് അവൻ എന്തു ചെയ്യുന്നു അവൻ ഈ വിശ്വാസത്തിലേക്ക് വരാതെ ആളുകളുടെ മനസ്സിനെ ചിലപ്പോൾ കുരുടാക്കും കുരുടാക്കും അതിനെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കാണാനൊക്കാതെ വണ്ണം അതിനെ ബ്ലൈൻഡാക്കി തീർക്കും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ കണ്ടോ അതിൻ്റെ മൂന്നാമത്തെ വാക്യം എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ അവിടെ നമുക്കറിയാം സർപ്പം ഹവായോട് ചെയ്തത് പിശാജ് ഇന്ന് നമ്മളോട് ചെയ്യുന്നു എന്താ നമ്മുടെ മനസ്സ് അവിടെയും നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സ് ഇത് വഷളായി പോവുക വഷളായി പോവുക അത് മലിനപ്പെട്ടു പോവുക രണ്ട് കുരിഞ്ചർ മൂന്നാമധ്യായത്തിൽ നിന്ന് നോക്കുക മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വാക്യം വായിക്കുന്നു അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി മൂന്നിൻ്റെ പതിനാല് കണ്ടോ മനസ്സിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളാണ് പറഞ്ഞ് ഒന്നുകിൽ അവൻ എന്തു ചെയ്യും അവൻ മനസ്സ് കുരുടാക്കും അല്ലെങ്കിൽ മനസ്സെ മലിനപ്പെടുത്തും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അതിനെ കഠിനപ്പെടുത്തും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്തകളിൽ കാര്യങ്ങളിൽ അവൻ പലപ്പോഴും ശ്രീ നിലയിലാണ് ശ്രമിക്കുന്നത് ഇതിനൊരു പ്രതിവിധിയും രണ്ട് കോരിന്ദ്രയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കോരിന്തിയർ പത്താമധ്യായത്തിലേക്ക് വരുമ്പോൾ പത്താമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവിടെയും തോട്ട് ചിന്ത വിചാരം എന്ന ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് രണ്ട് കോരിന്തിയർ പത്താം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അപ്പോൾ എന്താണ് വേണ്ടത് പിശാജ് ഒരു നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്താനും നമ്മുടെ ഹൃദയത്തെ കുരുടാക്കി തീർക്കാനും നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ അവന് കഠിനപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മളൊരു ജാഗ്രത പാലിക്കണം നമ്മുടെ മനസ്സിലാണ് എന്ത് സ എന്ത് വരുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ഉയർച്ചകൾ വരുന്നത് ആ ഉയർച്ചകളെന്താ മനസ്സിൽ വരുന്ന ഉയർച്ചകൾ വരുന്നത് നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഓ ഞാൻ അങ്ങ് ഓർക്കാപ്പുറത്ത് അങ്ങ് ചെയ്തു പോയി എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും അതാദ്യം ഒരു ഫ്ലാഷ് പോലെ നമ്മുടെ മനസ്സിലാണ് വരുന്നു മനസ്സിലാവരുത് അത് പിന്നെ അത് ക്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഏത് വിചാരത്തെയും എന്തോ ചെയ്തോണം ഏതുയർച്ചയും ഉടനെ തന്നെ അതിന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അതിനെ പിടിച്ചടക്കിക്കോണം പിടിച്ചടക്കിക്കോണമെന്ന് നമ്മൾ കണ്ടു ഇതെല്ലാം കുറേ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഏഹ് രണ്ടു കോരും ലേഖനത്തിൽ നിന്ന് നമ്മൾ പല വാക്യങ്ങൾ വായിച്ചു പിശാജ് നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെതിരായിട്ട് നമ്മൾ മനസ്സിനെ വിചാരത്തെ പിടിച്ചടക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പ്രായോഗികമായിട്ട് നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത് മാൻസ് സെർച്ച് ഫോർ ട്രൂത്ത് മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മാൻസ് സെർച്ച് ഫോർ മീനിങ് മനുഷ്യൻ്റെ അർത്ഥത്തിന് വേണ്ടിയുള്ള അന്വേഷണമൊന്നും വല്ലതും പറയാം ഒരു യഹൂദന അത് എഴുതിയത് യഹൂദനായ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ഒരു യഹൂദനാണ് ഈ പുസ്തകം എഴുതുന്നത് വളരെ പ്രശസ്തമായ ഒരു പുസ്തകം അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു യഹൂദനായതുകൊണ്ട് എന്തുപറ്റി രണ്ടായാലും ആയിരത്തി തൊള്ളായിരത്തി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കാണും എന്താ രണ്ടാലോകമഹായുദ്ധകാലമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അറുപത് ലക്ഷം യഹൂദരെയാണ് ഹിറ്റ്ലർ കൊന്നത് അങ്ങനെ കൊല്ലുന്ന ആ രംഗം ആ ഹോളോ അത് നടക്കുന്ന കാലത്ത് ഈ വിക്ടർ ഫ്രാങ്കലിനെയും അവരെ പിടിച്ച് ജയിലിലാക്കി അന്ന് പലതരത്തിലുള്ള പീഡന ക്യാമ്പുകളുണ്ട് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു പീഡന ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിൻ്റെ ചരിത്രമൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇവരെ കുറേ പേരെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ആ നമ്മളെ മോചിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ലേബർ ക്യാമ്പിൽ കൊണ്ടുപോവുകയായിരിക്കും ആ ഏതായാലും ഇപ്പം ജയിലിലുള്ളതിനേക്കാളും നല്ലതായിരിക്കും സുഖമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് സന്തോഷിച്ച് ഈ യഹൂദന്മാരായ ആ തടവ് പുള്ളികളെല്ലാം ഒരു ട്രെയിനിലിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു നിലവിളി ഉയർന്നു എന്താ ആരാ നിലവിളിക്കുന്നത് ഒരാൾ പറഞ്ഞു ഞാന് ഒരു ബോർഡ് കണ്ടു ഞാൻ കണ്ട ബോർഡെന്താ ഓഷ്വിറ്റ് ഇത്ര കിലോമീറ്റർ എന്നൊരു ബോർഡ് കണ്ടു അന്നത്തെ ഏറ്റവും ഏറ്റവും കുപ്രസിദ്ധമായ അവരുടെ തടവറയതാണ് ഓഷ്വിറ്റ് എന്ന് പറയുന്ന തടവറയാണ് അവിടെ ചെല്ലുന്ന ഒരാൾ പോലും ജീവനോടെ പിന്നെ തിരിച്ചു വരികയില്ല അവിടോട്ടാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് അന്നേരമാണ് അവർക്ക് മനസ്സിലായത് ഈ തടവുള്ളികളെ എല്ലാം അവിടെ കൊണ്ടു വന്നു പേടിച്ചതുപോലെ അവിടെ കൊണ്ടു വന്നു ഇവരെ എല്ലാം പരമാവധി ജോലി ചെയ്യിച്ച് പീഡിപ്പിച്ച് അവസാനം ഗ്യാസ് ചേംബറിൽ അടച്ച് കൊന്ന് അങ്ങനെ ജീവിതം തീർന്നു ഇവർ വിചാരിച്ചു സമാധാനമായിട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചപ്പോഴാണ് അവരെ വഹിച്ചുകൊണ്ടുള്ള ട്രെയിൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടു അവിടെ ചെന്ന് അവരെ എല്ലാവരെയും ഇറക്കി ആ അദ്ദേഹം ആ പുസ്തകത്തിൽ ആനുഷംഗികമായിട്ട് പരാമർശിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതല്ല ഞാൻ പറയാൻ വന്നു അവിടെ അവിടെ ആയിരിക്കുമ്പോൾ ഈ വിക്ടർ ഫ്രാങ്കിൾ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു പല കാര്യങ്ങളറിയാം അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് ചുറ്റുപാടുമുള്ള പല ആളുകളും മരിച്ചു വീഴുന്നു കൊല്ലപ്പെടുന്നു ജീവിതം തീരാൻ പോകുന്നതിൻ്റെ വിഷമങ്ങൾ പ്രിയപ്പെട്ട പലരും കൊല്ലപ്പെടുന്നതിൻ്റെ വിഷമങ്ങൾ വിക്ടർ ഫ്രാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത്രയും പേര് ഈ പീഡന ക്യാമ്പിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു വിക്ടർ ഫ്രാങ്കിള് മാത്രം അതിനെ അതിജീവിച്ച് അവസാനം രണ്ടാം ലോകമാീർന്നപ്പോൾ തടവറയിൽ നിന്ന് പുറത്തു അപ്പോൾ ആ തടവറയിലൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ആ ചിന്ത ഇന്ന് വളരെ പ്രശസ്തമായ ഒരു ചിന്തയാണ് അതാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മാൻ സെർച്ച് ഫോർ മീനിങ് അർത്ഥത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണം എന്തിനാ ഈ മനുഷ്യനെ ഈ അന്വേഷിക്കുന്നു നോക്കാം മനുഷ്യനെന്തോ അന്വേഷിക്കുന്നു മനുഷ്യനെന്താണ് അന്വേഷിക്കുന്നത് ഫ്രോയിഡെന്ന് പറഞ്ഞ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞം പറഞ്ഞ് മനുഷ്യനെന്താ അന്വേഷിക്കുന്നത് സുഖമാണ് അന്വേഷിക്കുന്നത് സുഖം അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിന്തകളൊക്കെ രൂപപ്പെടുത്തിയത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് വിക്ടർ ഫ്രാങ്കിൽ കണ്ടെത്തിയത് അദ്ദേഹം പറഞ്ഞു മനുഷ്യന് സത്യത്തിൽ സുഖത്തിനായിട്ടുള്ള ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നതല്ല എന്നാൽ ജീവിതത്തിനൊരു അർത്ഥം കണ്ടെത്തി അതിനായിട്ട് ജീവിക്കുന്നതാണ് എന്ത് ജീവിതത്തിന് എന്തെങ്കിലും ഒരു മീനിങ് നൽകുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജീവിക്കുന്നു നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഓ എന്തിനാണ് ജീവിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചാൽ ആ പരീക്ഷ എഴുതാനാണ് ജീവിക്കുന്നത് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിന് പോകും പ്ലസ് ടു കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഞാൻ അതിന് പോകും എന്താ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് എന്താ അവസാനം ഒരു ജോലി കിട്ടി ആ ഇനിയിപ്പം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കല്യാണം കഴിച്ചു കളയാം കല്യാണം കഴിച്ചു പിന്നെ ജീവിക്കുക ഇനി എന്തോ ചെയ്യും ഇനി കുറേ നാളിങ്ങനെ ജീവിച്ച് റിട്ടയർ ചെയ്യും റിട്ടയർ ചെയ്ത് പിന്നെന്തോ ചെയ്യും പിന്നെ കുറേ ആൾ കഴിയുമ്പോൾ ഞാനങ്ങ് മരിക്കും ഇത്രയല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിനൊരു ഒരു മീനിങ് ഒരു അർത്ഥം കണ്ടെത്തി അതിനായിട്ട് ജീവിക്കുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ഇതാണ് വിക്ടർ സൈങ്കലിൻ്റെ പ്രശസ്തമായ ചിന്ത എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ തടവറയിലെ ജീവിതത്തോട് ചേർത്ത് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇപ്പം തടവറയിൽ അദ്ദേഹത്തെ പലതരത്തിൽ ആളുകൾ പീഡിപ്പിക്കുന്നുണ്ട് നാസി ആളുകൾ വന്നിട്ട് പല ഉപദ്രവിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞു എത്ര എല്ലാം പീഡിപ്പിച്ചാലും മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് മനുഷ്യൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ ഒരു ഇടമുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ നമ്മുടെ മനസ്സും ആ ഒരു ഇടത്തെ ആർക്കും അപഹരിക്കാനൊക്കുകയില്ല പറഞ്ഞത് മനസ്സിലായേ നമ്മുടെ മേലെ എത്രയെല്ലാം ശാരീരികമായ പീഡനങ്ങൾ കൊണ്ടുവന്നാലും നമുക്കെന്തുണ്ട് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കോളേജിലേക്ക് പോകുന്നു പോകുമ്പോൾ വഴിയിൽ ഒരാൾ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞു നിങ്ങളുടെ നേരെ ഒരു ആ നിലയിൽ നിങ്ങളോട് മോശമായിട്ടൊരു പ്രകോപനം നിങ്ങൾക്കുണ്ടായി നിങ്ങളെന്തു ചെയ്യും അതിനോട് പ്രതികരിക്കും ആഹാ നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കുന്നതിനിടയിൽ നമുക്കെന്തുണ്ട് നമുക്കൊരു സ്പേസ് ഉണ്ട് എന്താ ഈ പ്രകോപനത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കാമെന്നുള്ളത് നമുക്ക് ഈ സ്പേസിൽ തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഇവനോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാം അല്ലെങ്കിൽ സുഹൃത്തെ ഓക്കെ കാണാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് പോകാം രണ്ട് തരത്തെയും നമുക്കിതിനോട് പ്രതികരിക്കാം എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് അത് നമ്മുടെ മേൽ വേറൊരാൾക്ക് അടിച്ചേൽപ്പിക്കാൻ വെക്കുകയില്ല മറിച്ചെന്താ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ ഒക്കും ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യനുള്ളതെന്നാണ് വിക്ടർ ഫ്രാങ്കൽ തടവറയിൽ കിടന്ന് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ മേലെന്തെല്ലാം സമ്മർദ്ദങ്ങളുണ്ടായാലും അതൊക്കെ വെളിയിൽ നിന്നുള്ള അവസാനം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതിന് നമുക്കൊരിടമുണ്ട് ആ ഇടത്തെ വേറൊരാൾക്ക് അപഹരിച്ചെടുക്കാനൊക്കുകയില്ല ആ ഇടം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ നമ്മുടെ തീരുമാനമെടുക്കുന്ന കാര്യമാണ് ആ തീരുമാനം നമ്മൾ ഏതിനോട് ബന്ധപ്പെടുത്തി എടുക്കണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അർത്ഥത്തോട് ചേർത്ത് നമ്മൾ എടുക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നം നമ്മുടെ മുമ്പിൽ ഇനിയും ജീവിതം വളരെ വർഷങ്ങളുണ്ട് ഓക്കെ ജീവിതത്തിന് ചെറുപ്പത്തിൽ തന്നെ ഒരു അർത്ഥം കണ്ടെത്തുക അർത്ഥം കണ്ടെത്തുക അർത്ഥമെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ലോകത്തോട് ബന്ധപ്പെട്ട് നശ്വരമായ ചില അർത്ഥങ്ങൾ കണ്ടെത്തി എനിക്കൊരു എനിക്കൊരു ഒരു സുസുക്കി ബൈക്ക് വാങ്ങിക്കണം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് അത് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആത്യന്തികമായിട്ടൊരു അർത്ഥം അത് കണ്ടെത്തി അതിനായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എന്തുണ്ട് മറ്റൊത്തിരി കാര്യങ്ങൾ നമ്മളെ സ്പർശിക്കുകയില്ല ജീവിതം വളരെ വ്യക്തതയോടെ മുന്നോട്ട് പോകും ഫ്രാങ്ക് വിക്ടർ ഫ്രാങ്ക്ലി പറഞ്ഞത് വൈ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൗ എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത നോക്കാൻ സമയമില്ലല്ലോ ഈ കാര്യങ്ങളെല്ലാം പറയാൻ പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ തന്നെ നിത്യതയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തുക ഒരർത്ഥം കണ്ടെത്തുക നമ്മൾ ഈ പറയുന്നത് പോലെ ഏ നമ്മൾ ബൈബിളിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി പേര് ജീവിതത്തിന് പലതരത്തിലുള്ള അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം നമ്മൾ എടുക്കണ്ട അവിടെ നിങ്ങൾക്ക് പ്രശസ്തമായ വാക്യമാണ് പൗലോസിൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തിയതാണ് അദ്ദേഹം പറഞ്ഞു ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനത്തിൽ പൗലോസ് തന്നെ ഇത് ആവർത്തിക്കുന്നുണ്ട് ജീവിക്കുന്നത് ഞാനല്ല നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് അതൊരു അർത്ഥമാണ് ഞാൻ ജീവിക്കുന്നത് ഈ നശ്വരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടിയാണ് കർത്താവിന് വേണ്ടിയെന്ന് പറയുമ്പോൾ ഈ സത്യങ്ങൾക്ക് വേണ്ടി ഈ തലമുറയിൽ ഞാൻ നിൽക്കും അതിന് മരണമാണ് മറുവശത്ത് വന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ് എന്നുള്ള നിലയിൽ പൗലോസ് തൻ്റെ ജീവിതത്തിനൊരു മീനിങ് കണ്ടെത്തി Man's search for meaning Paulos and his father, a human being A human being A human being A human being A human being What will we do? What will we do to We will have a family A family A family A family A family A family A family നമുക്കൊരു തെരഞ്ഞെടുപ്പിനൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്പേസ് നമുക്കുണ്ട് അതിനോട് അങ്ങനെ പ്രതികരിക്കാം ഇങ്ങനെയും പ്രതികരിക്കാം ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റെ ആത്യന്തിക ലക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യത്തോട് എന്ന് പറയും അങ്ങനെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ കാര്യങ്ങൾ ആദ്യത്തെ എത്രയും പ്രയാസമല്ലാതെ ആയിത്തീരും ഓ പുതിയ പുതിയ വെല്ലുവിളികളുണ്ടാകും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പോകും ഇങ്ങനെ പോകുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഇതിനോട് ചേർത്ത് നമ്മളിതിനെ ഈ വാക്യത്തെ കാണുക രണ്ടു കോരിൻ്റെ പത്താമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചിടക്കി പൗലോസൻ എന്തുണ്ടായിരുന്നു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് തനിക്ക് നേരെ വരുന്ന പ്രകോപനത്തിനും തൻ്റെ പ്രതികരണത്തിനും ഇടയിലുള്ള ആ മനസ്സിൽ അങ്ങനെയാണ് വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉയർന്നു വരുമ്പോൾ താനെന്തോ ചെയ്യും അവിടെ താൻ ചൂസ് ചെയ്യും താനെന്തോ ചെയ്യും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയാണോ അതിനെ പിന്നെ ഉയർത്താനല്ല പൗലോസ് നിൽക്കുന്നത് അതിനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഇടിച്ചു കളയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിരോധമായിട്ടുള്ള വിചാരമാണോ പൗലോസ് എന്തോ ചെയ്യും അതിനെ പിടിച്ചടക്കും ഈ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മളെ തടവറെ നിങ്ങളെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നിട്ടു എന്നിരിക്കട്ടെ നിങ്ങളെ ആരെയെങ്ങനെ ഇടാനല്ല ഞാൻ പറഞ്ഞത് എന്നാലും നമുക്ക് നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഒരാൾക്ക് അപഹരിക്കാൻ നമ്മുടെ വാർഡനെ അപഹരിക്കാനൊക്കോ ജയിൽ വാർഡനെ അപഹരിക്കാൻ അയാൾ നമ്മളെ അടിച്ചാലും പ്രതികരിക്കാനുള്ളത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണ് നമ്മുടേതാണ് ഇവിടെ ഇതാ പൗലോസ് പറയുന്നു ഈ ക്രിസ്തുവിനോടുള്ള അനുസരണമില്ലാത്ത ഏത് വിചാരത്തെയും ഞാൻ എന്തോ ചെയ്യും പിടിച്ചടക്കും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി ആ ഇടത്തിൽ പൊങ്ങുന്ന ഉയർച്ചയുണ്ടല്ലോ അതിനെ ഞാൻ എന്തോ ചെയ്യും ഇടിച്ചുകളയും ഇതെല്ലാം കഴിയുന്നതെന്ന് എങ്ങനെയാണ് ആ ആത്യന്തിക ലക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിലാഹുവും എന്നുള്ള ആ ആത്യന്റേയെ ലക്ഷ്യത്തോട് ബന്ധപ്പെടുത്തി നിൽക്കുമ്പം ഇതൊക്കെ എളുപ്പമായിത്തീരും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒട്ടേറെ പേർക്ക് ഒരു ലക്ഷ്യമില്ല അതുകൊണ്ടാണ് അവർ ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നത് കുറച്ച് നേരം പോയി കഴിയുമ്പോൾ വേറൊരു കാര്യം അതിനേക്കാൾ രസം എന്ന് തോന്നുന്ന വേറൊന്നു കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നത് ഇതുകൊണ്ടാണ് ഈ ലക്ഷ്യമില്ല ജീവിതത്തിന് നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം കണ്ടെത്തുക ആ ലക്ഷ്യത്തിന് വേണ്ടി നമുക്കെപ്പോഴും കാര്യങ്ങളെ ചൂസ് ചെയ്യാനുള്ള നമ്മുടെ അവകാശത്തെ നമ്മുടെ ആ സ്പേസിനെ ഒരു ശക്തിക്കും എടുത്തു കളയാനൊക്കുകയില്ല അർത്ഥപൂർണമായിട്ടൊരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും കഴിയും ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രേർ ഒത്തിരി സൈക്കോളജിയൊക്കെയാണ് പറയുന്നത് പുസ്തകം ബൈബിളാണ് പറയുന്നത് പ്രധാനം ചുമ്മാ ഇന്നത്തെ കാലത്ത് ഒത്തിരി സൈക്കോളജിയൊക്കെ കൂടെ പറഞ്ഞ് അങ്ങനെയല്ല ഈ കാര്യം നമ്മൾ നോക്കുക ഞാനൊരു വാക്യം വായിക്കാം ഞാൻ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായം പതിനാലാമധ്യായം നിങ്ങൾക്കറിയാം അതെന്താ സംഭവം ഒന്ന് പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ മിശ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരിക വിടുവിച്ച് ഇവർ പോകുമ്പം ഫാറോനൊക്കെ ഒരു കുറ്റബോധം തോന്നി നേരിയൊരു കുറ്റബോധം തോന്നി എന്താ ഓ ഇവിടെ ഇവരെ വിട്ട് കളഞ്ഞല്ലോ എന്തൊരു സാധ്യതയായിരുന്നു ഇത്രയും പേരെ വെച്ച് നമുക്ക് എന്തെല്ലാം പണി ചെയ്യിക്കായിരുന്നു ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു വരെ വിട്ടയച്ചു കളഞ്ഞു ആ ഫറവൻ വിചാരിച്ചു ഇവരെ പോയി പുറകിൽ ചെന്ന് തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ച് വരുന്നു വരുമ്പം നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് ആ ഭാഗങ്ങൾ വായിച്ച് നോക്കിയാൽ മതി അവിടെ അവിടെ വെച്ച് ഈ ഇസ്രായേൽ മക്കൾ വല്ലാത്ത വിഷമത്തിലായി മുമ്പിൽ എന്താ മുമ്പിൽ ചെങ്കടൽ മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫറവോനു സൈന്യവും ഇതിൻ്റെ ഇടയ്ക്ക് അടിവില്ലിൽപ്പെട്ട എലിയെപ്പോലെ രണ്ടിനിടയിൽപ്പെട്ട എലിപ്പത്തായത്തിൽപ്പെട്ട എലിയെപ്പോലെ ആയിപ്പോയി അങ്ങോട്ടും പോകാനൊക്കെ ഇല്ല ഇങ്ങോട്ടും പോകാനൊക്കെ ഇല്ല ഇടയ്ക്ക് നിന്നുപോയി ഉടനെ അവരെല്ലാം കൂടെ എന്തോ പറഞ്ഞു അവരെല്ലാം കൂടെ മോശയോട് പറഞ്ഞു ഏ നീ ഞങ്ങളെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ പതിമൂന്നാമത്തെ വാക്യമൊക്കെ വായിച്ചു നോക്കേ ഇന്നത്തെ ചില വീടുകളിലൊക്കെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറയുന്ന പോലെ മിശ്രയിമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളിവിടെ കൊണ്ടു വന്നത് നേരെ ചോയിൽ നല്ലൊരടക്കമൊക്കെ കിട്ടി ഒന്നുമല്ലേ അവിടെ കഴിയായിരുന്നു നീ ഞങ്ങളെ എന്നെല്ലാം പറഞ്ഞ് പരിഭവം എല്ലാം പറയുന്നു ഇതെല്ലാം പറഞ്ഞപ്പോൾ മോശ വിഷമിച്ചപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ആ നമ്മൾ വായിച്ചത് അതിൻ്റെ പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനഞ്ച് പതിനഞ്ചാമത്തെ വാക്യം അപ്പോൾ ഏഹോ ആ മോശയോടെ അറിയത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറകാം ഗോ ഫോർവേഡ് മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക ഗോ ഫോർവേഡ് മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക പറഞ്ഞപ്പോഴും എളുപ്പം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത് മുന്നോട്ട് പോവുക ഗോ ഫോർവേഡ് പക്ഷേ അങ്ങനെ എങ്ങനെയാ മുന്നോട്ട് പോകാൻ ഒക്കുന്നത് അതിൻ്റെ വാക്യം കണ്ടോ പതിനാലാമത്തെ വാക്യം യഹോ വ യുദ്ധം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മളിതെല്ലാം മുമ്പേ പറഞ്ഞു നമ്മൾ ഏത് വിചാരത്തെയും പിടിച്ചടക്കി അല്ലെങ്കിൽ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സൈക്കളോജിക്കലായ എന്തോ ഒരു ഒരു ചിന്തയാണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ ദൈവിക കാര്യത്തിന് വേണ്ടി ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക നിത്യത ഈ ഒരു ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പം ദൈവം എന്തോ ചെയ്തോളും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും യുദ്ധം ചെയ്തോളും ദൈവം ആ കാര്യം പൂർത്തിയാക്കി തന്നോളും വിശ്വാസവും പ്രവൃത്തിയും ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞേക്കുന്ന മനോഹരമായ പുസ്തകമാണ് യാക്കോവിൻ്റെ ലേഖനം യാക്കോവിൻ്റെ ലേഖനത്തെക്കുറിച്ച് മാർട്ടിൻ ലൂഥർ ഒരിക്കൽ പറഞ്ഞു മാർട്ടിൻ ലൂഥർ പറഞ്ഞു മാർട്ടിൻ ലൂ ആദ്യ ചുമ്മാ വൈക്കോല വൈക്കോല എന്ന് പറഞ്ഞത് എന്താ മാർട്ടിൻ ലൂഥർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മാർട്ടിൻ ലൂഥറിന് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതായിരുന്നു റോമർക്കായിരുന്നു റോമർ റോമർ റോമറിൽ എന്തുണ്ട് വിശ്വാസത്താലുള്ള രക്ഷ പറയും വിശ്വാസത്താലുള്ള രക്ഷ പറയുന്ന റോമറായിരുന്നു മാർട്ടിൻ ലൂതറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ലേഖനം അന്നേരം അദ്ദേഹം പിന്നെയും ഈ അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പിന്നെയും ഈ ലേഖനങ്ങളൊക്കെ എടുത്ത് വായിച്ചപ്പം ഈ യാക്കോബിൻ്റെ ലേഖനം വായിച്ച് അദ്ദേഹം ആകെ നിരാശനായിപ്പോയി അദ്ദേഹം വിചാരിച്ചു എന്താ വിശ്വാസത്താലുള്ള രക്ഷയെ നള്ളിഫൈ ചെയ്യുകയാണ് ഈ യാക്കോബ് ചെയ്യുന്നത് പ്രവൃത്തിയാലുള്ള രക്ഷയാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്ന ചുമ്മാതൊരു വൈക്കോല എന്ന് വാർട്ടലോദർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ യാക്കോമിൻ്റെ ലയൻ രണ്ടാമത്തെ ആയതിൻ്റെ ഇരുപതാമത്തെ വാക്യവും ഇരുപത്തി രണ്ടാമത്തെ വാക്യവും ഒക്കെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക അവിടെ ഇതേ കാര്യം തന്നെയാണ് അതായത് വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി പോകണം വിശ്വാസമൊന്നും അടിത്തറയുണ്ട് വിശ്വാസമെന്നുള്ള അടിത്തറ എന്താണ് നമ്മൾ പറഞ്ഞത് ദൈവം നമുക്ക് യുദ്ധം ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം ആ അടിത്തറ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് പക്ഷേ ഒരു പ്രവൃത്തിയുണ്ട് പ്രവൃത്തി എന്താ പ്രവൃത്തി എന്താ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഏത് വിചാരത്തെയും ഞാൻ പിടിച്ചടക്കും അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതുയർച്ച ഇടർച്ചകൾ ഇതിന് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉട ഇടർച്ചകൾക്കും എതിരെ ഞാനൊരു യുദ്ധം ചെയ്യും ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ നിങ്ങൾ മുന്നോട്ടു പോകു മുന്നോട്ട് പോകുവാൻ ഗോ ഫോർവേഡ് പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഏഹോ വ വേണ്ടി യുദ്ധം ചെയ്യും വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയും പ്രവൃത്തിയോടുകൂടെ വിശ്വാസവും ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് പോകും ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മളെന്താ ചെയ്യേണ്ടത് ഗോ ഫോർവേഡ് മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പം ഈ പോക്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആരുണ്ട് യഹോ വ യുദ്ധം ചെയ്യും കർത്താവ് യുദ്ധം ചെയ്യും ചിലപ്പോൾ നമുക്ക് എല്ലാ വിചാരത്തെയും പിടിച്ചടക്കാൻ പറ്റിയെന്നിരിക്കുകയില്ല പറ്റിയെന്നിരിക്കുകയില്ല ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും ഓക്കെ തോറ്റുപോയി തോറ്റുപോയാൽ കർത്താവ് എന്താ ചെയ്യുന്നത് നമുക്ക് ഈ ബൈബിളിലെ ഏറ്റവും പ്രശസ്ത പ്രശസ്തമായ വാക്യം ഏതാണ് യോഹനാൻ മൂന്നിൻ്റെ പതിനാറാണ് യോഹനാൻ മൂന്നിൻ്റെ പതിനേഴ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൂന്നിൻ്റെ പതിനാറ് അല്ലാതെ പതിനേഴ് കണ്ടിട്ടുണ്ടോ മൂന്നിൻ്റെ പതിനാറ് നമുക്കറിയാവുന്നതുപോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇതാണ് ഏറ്റവും പ്രശസ്തമായ വാക്യം എന്നാൽ മൂന്നിൻ്റെ പതിനേഴ് നമ്മൾ കണ്ടിട്ടുണ്ടാവും മൂന്നിൻ്റെ പതിനേഴിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര ലോകത്തെ കണ്ടം ചെയ്യാനല്ല നമ്മളെ എന്തു ചെയ്യാനല്ല കർത്താവ് എന്തിനാണ് വന്നത് കർത്താവ് വന്നത് നമ്മളെ കുറ്റപ്പെടുത്താനല്ല നമ്മളെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് നമ്മളെ രക്ഷിക്കാൻ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് ഈ മുന്നോട്ടുള്ള പോക്കിൽ എവിടെങ്കിലും എവിടെങ്കിലും ഒരു പാളിച്ച വന്ന് നമ്മൾ പരാജയപ്പെട്ടു പോയെന്നിരിക്കട്ടെ വീണുപോയെന്നിരിക്കട്ടെ വീണു പോയാൽ കർത്താവ് വന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല മറിച്ച് എന്തോ ചെയ്യും നമ്മളെ രക്ഷിക്കും ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വന്നാൽ കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസമാകും ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഒത്തിരി പേരും കുറ്റബോധത്തിലാണ് എനിക്കൊരു ബ്രദറെ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഓക്കെ ലക്ഷ്യമുണ്ട് ഞാനതിനായിട്ട് ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞല്ലോ ഞാൻ മുന്നോട്ട് പോവുക പോവുക പക്ഷേ ഇന്ന് രാവിലെയും മൂന്ന് മൂന്ന് രംഗത്ത് എനിക്ക് എന്ത് പറ്റിയില്ല ഞാൻ ആ വിചാരത്തെ പിടിച്ചടക്കാൻ പറ്റിയില്ല അല്ലേ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ ഉയർച്ചയെ ഇടിച്ചു കളവാൻ എനിക്ക് പറ്റിയില്ല ശരി പറ്റിയില്ല പറ്റിയില്ല കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക കർത്താവ് എന്തോ ചെയ്യും നിന്നെ എന്താ ചെയ്യേല കുറ്റം വിധിച്ച് തള്ളിക്കളയല നിന്നെ രക്ഷിക്കും പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം അല്ലാതെ നിരാശപ്പെട്ട് ഓ മൂന്നോട്ടം ഞാൻ വീണ് പോയി എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പോയാൽ നമ്മൾ പിന്നെയും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പിശാചിൻ്റെ ആ നിരാശയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക ചെയ്യുന്നു അതിന് പകരം കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക കർത്താവ് എപ്പോഴും ഇങ്ങനെയായിരിക്കുന്നത് കർത്താവ് ഒരു ബോർഡ് വെച്ചിരിക്കുക ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നിന്നെ രക്ഷിക്കും അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന ആളടുത്ത് എല്ലാവരും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആയിരം വട്ടം നീ തെറ്റ് തെറ്റിൽ വീണ് പോയി എന്നിരിക്കട്ടെ പക്ഷേ എപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാമത്തെ വട്ടം വീണ് കഴിഞ്ഞും കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ ആ ബോർഡ് അങ്ങനെ എന്താ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നിന്നെ രക്ഷിക്കും ആഹാ നമുക്ക് ധൈര്യത്തോട് അവിടെ പോകാമല്ലോ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക ഗോ ഫോർവേഡ് ദൈവം നമുക്കായിട്ട് യുദ്ധം ചെയ്യും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളവാനും ഒരു ശക്തിക്കും കഴിയുകയില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുക കർത്താവ് നമുക്കായിട്ട് യുദ്ധം ചെയ്യും നമ്മുടെ വിശ്വാസത്തോടുകൂടി പ്രവൃത്തി വ്യാപരിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ താങ്ക്